അള്ളാഹു സുബഹാനഹൂവത്ത് ആലായുടെ മാർഗ്ഗത്തിൽ തടസ്സപ്പെട്ടവരും ഭൂമിയിൽ സഞ്ചരിച്ച് സമ്പാദിക്കാൻ കഴിയാത്തവരുമായ ദരിദ്രർക്കു വേണ്ടിയാണിത് അവരുടെ അന്തസ്സും വിനയവും കാരണം അറിവില്ലാത്തവർ അവരെ സമ്പന്നരെന്ന് കരുതും അവരുടെ അടയാളങ്ങളിലൂടെ നിങ്ങൾക്കവരെ തിരിച്ചറിയാം അവർ ജനങ്ങളോട് നിർബന്ധപൂർവം യാചിക്കുകയില്ല നിങ്ങൾ ഏതൊരു നന്മ ചിലവഴിച്ചാലും അള്ളാഹുസുബഹാനഹുവത്ത് ആല അതിനെക്കുറിച്ചറിയുന്നവനാണ്